ഞാൻ സംവിധായകനാണ് നാടകം രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി ശബ്ദം നൽകുന്നവർ പി എസ് ഉണ്ണികൃഷ്ണൻ വിഷ്ണുശങ്കർ എ മൃദുൽ ജേക്കബ് ദിലീപ് എം ബിന്ദു വിനോദ് സെവിൽ ജിഹാൻ ൃണൻ ഞാൻ സംവിധായകനാണ് ഒരു പൊതുപ്രവർത്തകന്റെ നിലയിൽ കഴിഞ്ഞ കുറെ കാലമായി ഞാൻ ഈ നാട്ടിൽ എങ്ങനെ വിലസി നടക്കുകയല്ലേ എന്റെ രാജേഷ് ഞങ്ങൾ ഓളാ ഒരു ഭാഗ്യം പക്ഷെ അത് മാത്രം പോലല്ലോ സോഷ്യൽ വർക്കുകളിൽ മാത്രം ഒതുക്കി നിർത്താതെ നമ്മുടെ ഈ പ്രശസ്തനെ മീഡിയകളിൽ കൂടെ ഒന്ന് മാർഗം എന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ ആക്ടിവിറ്റീസുകളൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ഇമേജ് ഉയർത്താൻ പറ്റിയ സംഗതിയാണ് അതെ അതെ പക്ഷേ ിൽ നിന്നും സീരിയലുകളിൽ നിന്നും എല്ലാം കിട്ടുന്ന ഫിഗർ ഈ സീരിയലുകാരുടെ മുമ്പിലൊക്കെ ചാൻസ് അന്വേഷിച്ചു നടക്കാമെന്ന് വെച്ചാൽ മോശമല്ലേ അതിനെ മാന്യനോട് അഭിനയിക്കാൻ അവസരം നേടി അറിയാൻ ആരെങ്കിലും പറഞ്ഞോ ആക്ടി പിന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഡയറക്ഷൻ ബെസ്റ്റ് പണി നീ നടക്കുന്ന കാര്യം അല്ലോണ്ട് പറഞ്ഞോ സംവിധാനം എന്നത് അത്ര മല മറിക്കുന്ന സംഗതി ഒന്നും അല്ലെന്ന് പിന്നല്ലാതെ റോളിങ് അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നു മുതലേ എന്നെ പരിപാടി തുടങ്ങിയാലോ അല്ല സിബിസാറിന്റെ സിസ്റ്റർ ലീനയും ഹസ്ബൻഡ് ഓട്ടോ ജോജയും ുംകപ്പാട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ പരിഗണിക്കണേ എന്തോ നിന്റെ സിബിച്ചായി ഇച്ചിരി കൂടി ഗ്ലാമറും പ്രശസ്തിയും ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിനെ പറ്റി മോക് എന്താണ് അഭിപ്രായം അതൊക്കെ ആണ് പറഞ്ഞിട്ടുള്ള എന്റെ സഹോദരിയുടെ കിട്ടിയവനൊക്കെ തന്നെ എപ്പോഴത്തേം ആയിരിക്കും മൂന്നുപേരും കൂടെ ലോട്ടറി നമ്മളില്ലേ ഗ്രഹപ്പഴകെങ്ങാനും ആ ലോട്ടറി അടിച്ച് കോടീശ്വര ആകുകയോ മറ്റോ ചെയ്ത മനസമാധാനത്തോടെ പിന്നെ കിടന്നുറങ്ങാൻ പറ്റുവോ ും ശരിയാണ് വണ്ടി കയറുകൾ അല്ലേ മച്ചാൻ സിനിയും പിന്നെ ഈ പോയ പ്രിയപ്പെട്ടവരും കഴിയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കും ജിൻസിക്കും അവിടെ നിന്ന് മാറണെ നല്ല സെറ്റപ്പിലുള്ള ഒരു വീട് ഞാൻ വേറെ നോക്കുന്നുണ്ട് അത് വീട് വളവിൽ ബ്രോ ഏതായാലും സോഷ്യൽ മീഡിയ വിലസാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ സിബി വളവിൽ സംവിധാനം നിർവഹിക്കുന്ന വെബ് സീരീസിലേക്ക് അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും ആവശ്യമുണ്ട് മതി മതി ഞാനും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഡയറക്ടർ ശരിവച്ച സന്തോഷത്തിൽ നമ്മൾ ദാ ഹോട്ടലിലേക്ക് ചെല്ലുന്നു സംവിധായന്റെ ചെലവില്ല അത് ശരി ഇവിടെ വന്നിരിക്കുകയാണല്ലേ നിങ്ങൾ ഈ ഫോണിൽ നോട്ടം തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞല്ലോ സിപിച്ച എന്റെ ഫോൺ എന്റെ കൈ എന്റെ കണ്ണ് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എനിക്കെന്ത് ചെയ്തം ചെന്ന് മീനോ മലക്കറിയോ വല്ലോ വാങ്ങി വന്നാ ഞാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരാം ഓടാവിളക്കാരുടെ അഭിമാനമായ ഈ പൊതുപ്രവർത്തകൻ ചന്തയിലേക്കും വേണ്ട മൊബൈലും ഒരച്ചോണ്ട് വി ഐ തന്നെ ഇങ്ങും ചോറിനും കറിക്കുമുള്ള സാമഗ്രികൾ ഈ പ്രമുഖന്റെ അടുക്കളയിലേക്ക് താനെ ഇങ്ങു വന്നുകൊള്ളു എങ്കിലേ നിന്റെ ഈ ഭർത്താവ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വലിയ താമസമില്ലാതെ തന്നെ എത്തുകയാണെന്ന് ഓർമിച്ചോ അതും സോഷ്യൽ മീഡിയയിലേക്ക് ഓ പിന്നെ ചെമ്മീൻ ചാടിയ എവിടെ വരെ കാലയാക്കം വരട്ടെ ചേച്ചി േ ശൊന്നും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ സിബി വളവിൽ കഥയും സംവിധാനവും നിർവഹിക്കുന്ന വെബ് സീരീസിലേക്ക് അല്ല കലയെ പറ്റി ചോദിച്ച പാലുകാരൻ ഗോപാലന്റെ മോളല്ലേ എന്ന് പറയണ ആളാണ് വെബ് സീരീസ് പിടിക്കാൻ പോകുന്നത് ഇന്നുണ്ടാ നവാഗതർക്ക് സ്വാഗതം അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരാകാനും താല്പര്യമുള്ളവർ എത്രയും വേഗം താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇനി കണ്ണു തോറന്നെ ഇതിന് വന്നിട്ടുള്ള ലൈക്കും കമന്റും കൂടെ എത്രയാണെന്ന് നോക്കേണ്ട സാധാരണ ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ ആർക്ക് വേണമെങ്കിലും പറ്റും പക്ഷേ സംഗതി നടപ്പിൽ വരുത്താനാണ് പാട് അത് ശരി നീ ഇവിടെ കുടുംബയോഗത്തിൽ പങ്കെടുത്തോണ്ട് നിൽക്കുവല്ലേ കണ്ടല്ലേ ജോർജോ ം എന്നാണ് ടൈറ്റിൽ സംഭവം സൂപ്പർ ഇനി ഉറങ്ങിക്കിടക്കുന്ന കലാപ്രതിമക്ക് സടകുടഞ്ഞെഴുന്നേക്കാൻ സമയമായി പലിശ കാശിന് നാളെ കാലത്ത് അണ്ണാച്ചി വന്ന് നിക്കുമ്പോഴും കാണണം ഈ സടകുടച്ച് അദ്ദേഹം കൊടയുണ്ട കൊഴിഞ്ഞു വീഴും ഹലോ എസ് പിന്നോ അതറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ താനിങ്ങോട്ട് വിളിച്ചത് അല്ല ചൂടായതൊന്നുമല്ല എന്ന പറ്റിയ പാർട്ടിയുണ്ടെന്നോ ഓക്കെ ഓക്കെ ഉടനെ കാണാം എന്താ ഇത്ര സന്തോഷം ചെറുപ്പ ശരിയെന്നൊരു ബിജിക്കൂട്ടൻ എന്റെ കെട്ടിയസ് കണ്ടിട്ട് ത്രില്ലടിച്ച അയാൾ എനിക്ക് പ്രൊഡ്യൂസറെ ഒപ്പിച്ചിട്ടുണ്ട് നീ എനിക്ക് ചോറെടുത്ത് വെച്ചോ എനിക്ക് രണ്ടു മണിക്ക് ഒരു ഉണ്ടെന്ന് ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നോ അയ്യോ സോറി ജോർജോ വാ ചോറെടുത്ത് തരാം ജോലിയും കൂലിയും ഇല്ലാത്ത ആ വായുനൂക്കുകൾ വരുന്നുണ്ട് ചൂടാവല്ലേ എന്റെ പുതിയ സീരിയൽ വഴി ആയിരിക്കും ഒരുപക്ഷെ ഇവന്മാരുടെ വഴി ക്ലിയർ ആവാൻ പോകുന്നത് നിങ്ങളുടെ ആ എർത്തുകളെ സൽക്കരിക്കാനായി ചായ എഡിജൻസി തണുത്തത് കൊണ്ടുപോടി എന്നങ്ങാനും പറഞ്ഞാറുണ്ടല്ലോ ഞങ്ങളിങ്ങനെ അത് കലക്കിളിയ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നു േറ്ററാണ് വെബ് സീരീസിന് 1 ലക്ഷത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ദുബായ്ക്കാരൻ മൂപ്പരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അയാൾ പിന്നില്ലാതെ ദുബായ്ക്കാരനുമായി ഫോണിൽ സംസാരിച്ചിട്ട് അയാൾ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഒരു ട്രാക്കിലായ നമുക്ക് ഉടനെ തന്നെ ഷൂട്ട് തുടങ്ങണം അതെ അതെ ില്ല അയ്യോ മലപ്പൊടിക്കാരാ മനക്കോട്ട കെട്ടാൻ വരട്ടെ മഞ്ഞിൽ നനഞ്ഞു കുറിഞ്ഞു എന്ന കഥയ്ക്ക് ഗവിയല്ലാത്തൊരു ലൊക്കേഷനെ പറ്റി ചിന്തിക്കാനേ ഒക്കൂല പിന്നല്ല പിന്നെ അസോസിയേറ്റ് ഞാൻ തന്നെ ആയിരിക്കും അതിപ്പോഴേ ഫിക്സ് അതുപോലെ ലിറിക്സ് ആൻഡ് മ്യൂസിക് സാക്ഷാൽ അവിയൽ വെക്കണോ അതോ ചമ്മന്തി മതിയോ രണ്ടായാലും തേങ്ങ വാങ്ങിയേ പറ്റൂ ബ്രോസ് നിങ്ങള് വിട്ടോ ആ ഓക്കെ ഓക്കെ രണ്ടാക്കും ചായയോ മറ്റോ ഓ ഉച്ച നേരത്തെ ബുദ്ധിമുട്ടാവു ലേജി അല്ല അതെല്ലാം വേണമെങ്കിലേ ഹെതിരെയുള്ള തട്ടുകടയെ കിട്ടുമെന്ന് പറയായിരുന്നു അങ്ങനെ അളിയാ നിന്റെ ഇത് ഞങ്ങൾ ഓണ് ഔമാരുടെ മുമ്പിൽ വെച്ചേ എന്നോട് കരിക്കരയാൻ കൂടി പറയാത്തേന്ത് അതിനാനും വേണ്ടി ഇവിടെ എന്ത് വാഴക്കിയിരുന്നിട്ടാണ് ഹലോ ആ ബിജു കുട്ട എന്ത് ഒന്ന് ഉറക്കെ പറയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ അത് കൊള്ളാം കാശെന്ന് കേട്ടാൽ ആരാണ് ഹാപ്പി ആവാത്തത് ഏ അങ്ങോട്ടോ സോറി അണിയ വർക്കുകളൊക്കെ പൊതുവെ കുറവായത് ഇപ്പൊ ഇത്തിരി ടൈറ്റ് ആണ് അതെ സിബിജ നിങ്ങൾ അപ്പവും മുട്ടക്കറിയൊക്കെ ഇന്ന് കഴിക്കുന്നുണ്ടോ എടുത്തു വെച്ചിട്ടും നേരെ എത്രയായി എന്തോ നടക്കിത് മാന്യമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ അവൾ മുട്ടയും അതെ ഞാൻ അറിയാത്ത കാശിന് ഇത്ര അത്യാവശ്യമുള്ള ആ മാന്യൻ ആരാണാവോ അത് മറ്റേ ബിജു അല്ല സീരിയൽ പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്കല്ലേ അയാള് കാശ് തരേണ്ടത് എന്റെ കാശൊക്കെ വർക്കിന്റെ സമയത്ത് കൃത്യമായിട്ട് കിട്ടും ഇതിപ്പോ അയാൾക്കൊരു അത്യാവശ്യത്തിന എത്രയാണ് ചോദ്യം അഞ്ച് ലക്ഷമോ അയ്യായിരം നടന്നതുപോലെ തന്നെ അത്രയും രൂപ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ആ കുടുംബശ്രീ ലോണെ െ മാത്ര സ്റ്റോറി ഡിസ്കഷന് വേണ്ടി ഉടൻ തന്നെ പ്രൊഡ്യൂസർ അങ്ങ് ദുബായിന്ന് വരുന്നുണ്ടെന്ന് ബിജു പറഞ്ഞിരുന്നു എങ്കിൽ അയാൾ ഇവിടെ വരുമ്പോ കഴിക്കാനും കുടിക്കാനും ഒക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ മനുഷ്യ അയ്യേ ലാൽ ബാലു സാർ എത്തുന്നത് ഈ ഓടാവിളയിലോട്ടല്ല സ്വപ്ന സഞ്ചാരികളുടെ പർദീസയായ അങ്ങ് മൂന്നാറിലേക്കാണ് സാർ വരുന്നത് ഓ അപ്പൊ പിന്നെ നിങ്ങളും അവിടെ ചെല്ലണ്ടേ എഴുതി മണ്ഡൂസെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനുമായ ഞാനില്ലാതെ എന്തോന്ന് ചർച്ച എന്നാൽ പ്രശ്നമതല്ലല്ലോ ഞാൻ പറയട്ടെ ചിക്കിലി കറക്റ്റ് അപ്പോഴീ ബുദ്ധൂസിന് ഇത്തിരി വിവരങ്ങളൊക്കെ ഉണ്ട് ഈ മൂന്നാറിലേക്കെന്ന് പറയുമ്പോ വണ്ടിക്കൂലിക്കൊക്കെ കൊറേ കാശു വേണ്ടേ വണ്ടി കാശു മാത്രം പോരല്ലോ ഫുഡ് രണ്ടു മൂന്ന് ദിവസത്തെ താമസം പിന്നെ കുപ്പി ടച്ചിങ്സ് ഇതെല്ലാം കൂടെ ആകെ മൊത്തം ഒരു അയ്യായിരം ഉണ്ടെങ്കിൽ സംഭവം ഗ്രാൻഡാകും അതെ ഈ പരിവാരങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ തനിച്ചങ്ങ് പോയാ പത്ത് രണ്ടായിരത്തി കാര്യം അതെങ്ങനെ ശരിയാവും ആ രാജേഷും റാഫിങ് കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു ഓളമൊക്കെ കാശ് എങ്ങനെ ഒപ്പിക്കുമെന്നാണ് ഹലോ എന്നും പറഞ്ഞേ നിങ്ങൾ എന്റെ കഴുത്തിലേക്കിങ്ങനെ തുറിച്ചു നോക്കുന്നത് എന്തിന് ഈ മാലയ്ക്കോ മറ്റോ ഉന്നമിടുന്നുണ്ടെങ്കിൽ എന്റെ സിബിച്ച നിങ്ങളുടെ സീരീസ് പിടുത്തോ ഒക്കെ ഉള്ളൂ അങ്ങനെ എഴുതി തള്ളാതടി നിന്നെ ഉണക്ക ഒന്നരപ്പം അവൻറെ ചെയിനും ഞാൻ ഈ പദ്ധതികളൊക്കെ ഇട്ടത് പക്ഷെ നീ ഒന്നോർക്കണം ഏത് മഹാന്റെ വിക്ടറിക്ക് പിന്നിലും ഒരു വനിതയുടെ കട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കും ശരിയല്ലേ സമ്മതിച്ചു പക്ഷേ ഭൂലോക തോൽവികളല്ലാത്ത പുരുഷന്റെ വിജയത്തിന് ഡയറക്ടർ ഇവമാർക്കൊക്കെ യാതൊരു പണി ഇല്ലേ വാടെ മൂന്നാർ ട്രിപ്പിന് ഞങ്ങൾ റെഡി കഴിഞ്ഞു സന്തോഷം പക്ഷേ ഫിനാൻസ് റെഡിയാവാതെ നമ്മൾ എങ്ങനെ ഇറങ്ങും മിസ്റ്റർ സിബി അതെല്ലാം ടീം ലീഡറായ താങ്കളുടെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യം എയർപോർട്ടിലേക്ക് ജോജോയുടെ ഓട്ടോയുടെ ഓണർ മോനിച്ചൻ ഇന്നല്ലേ സൗദിക്ക് പോകുന്നത് മോനിച്ചനെ യാത്രയാക്കാൻ ഞാനും ലീനക്കൊപ്പം ചെല്ലണമെന്ന് ലിസി പറഞ്ഞായിരുന്നു ഇപ്പറഞ്ഞ മോനിച്ചന്റെ അതായത് ലിസിയുടെ ഒരു വീഡിയോ സോങ് ഈയിടെയല്ലേ യൂട്യൂബില് ഹലോ ആ ഞാൻ ഇറങ്ങിയടി ിയായ ലിസിയിലൂടെ നമുക്ക് ഈ മൂന്നാർ ജേണി ഒന്ന് പ്ലാൻ ചെയ്താലോ മോഹിനി അല്ലടാ മോഹിനി നീ എന്താണ് ഉദ്ദേശിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചെന്തായാലും അതായത് താങ്കളുടെ മഞ്ഞിൽ നനഞ്ഞ കുറഞ്ഞു പക്ഷെ അവൾ എങ്ങനെയാണ് നമ്മുടെ യാത്രയിൽ നിന്നോടാവുന്നതന്നെ പ്ലാനിലാ ചുള്ള ചെന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് നായികയാക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് എന്നറിയിക്കുന്നു എന്നിട്ട് കൂൾ കൂളായിട്ട് അവളോട് മാം െങ്കിൽ ഇത് ഞങ്ങളെ അല്ല റാഫി പിന്നെ അല്ലാണ്ടെ അപ്പൊ ഞങ്ങൾ റാഫിയും രാജേഷും ചെല്ലുന്നു ലിസിയെ കാണുന്നു എഗ്രിമെന്റ് റെഡിയാക്കി കൊണ്ട് ഹീറോയിന്റെ കലക്കൻ കാറുമായി എന്നാലും നമ്മളോടൊന്ന് ഒരു വാക്കുപോലും പറയാം അതെന്താ ജോജോ അച്ചൻ ലിസി അവരുടെ നായികയാക്കാൻ തീരുമാനിച്ചത് അത്ര വലിയ തെറ്റാണോ അവരെ നിന്റെ ആങ്ങളെ സിനിമയിലോ സീരിയലോ ഒക്കെ കേട്ടിക്കോട്ടെ പക്ഷെ മൂന്നാറിന് പോകാനോടൊന്നും പറഞ്ഞ് എല്ലാം കൂടെ മാഡത്തിന്റെ കാറെന്തിനാ ചോദിച്ചു വാങ്ങിയത് അത് ജോജോ പറഞ്ഞത് ന്യായം മോനിച്ചും ഗൾഫിലേക്ക് പോയതിന്റെ അന്ന് തന്നെ ആ റാഫിയും രാജേഷും ലിസിയുടെ വണ്ടി ആവശ്യപ്പെട്ടത് ഒരിക്കലും ശരിയല്ല ലിസിയാണല്ലോ ഹലോ ആ എന്താ ലിസി വിശേഷം ഇല്ലല്ലോ ഞാനൊന്നും അറിഞ്ഞില്ല സിബിച്ചന്റെ എല്ലാം കൂടെ ലിസിയും പോണുണ്ടെന്ന് അതെന്തിന് എനിക്കെങ്ങനെ അറിയാം ഓ സംവിധായകൻ എത്തിന്ന് തോന്നുന്നു ജോജോ നേരിട്ട് അങ്ങേരോട് ഇതൊന്ന് ചോദിക്കണം ആ രണ്ടുപേരും ഉണ്ടല്ലോ അല്ല മോനിന്റെ ഭാര്യ ലിസി മാഡത്തിന് നിങ്ങൾ മൂന്നാറ് കൊണ്ടുപോകാൻ നേരിട്ടുണ്ടോ ഞങ്ങളേറ്റതല്ല ഞാനും വരുന്നുണ്ടെന്ന് അവൾ ഇങ്ങോട്ട് പറയുകയായിരുന്നു അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം കൂടുതൽ ശ്രീമതി പറയട്ടെ നായികയായി ഫിക്സ് ചെയ്യപ്പെട്ട ലിസിക്ക് നമ്മുടെ പ്രോജക്ടിന്റെ കോ ഡയറക്ടർ കൂടിയാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കൊണ്ടുപോകുന്നത് ഒന്ന് തെളിച്ചു പറഞ്ഞ തെരക്കേടില്ല ശരി കേട്ടോ ദുബായ് നിർമ്മാതാവ് നമുക്കായി അഞ്ചു ലക്ഷമാണ് ഇറക്കുന്നതെന്ന് അറിഞ്ഞ ലിസി എങ്കിൽ അത്രയും തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനും സഹകരിക്കാമെന്ന് ഉറപ്പു തരികയായിരുന്നു അല്ല നേരത്തെ ഒരു ലക്ഷമെന്നാണല്ലോ അയാള് ഫോണിൽ പറഞ്ഞത് ആ ഒന്നുള്ളത് ഇപ്പൊ അഞ്ചായി ഹോ അതുകൊണ്ടായിരിക്കും കഥാ ചർച്ചയ്ക്ക് ലിസിയും പോരുന്നത് അല്ലേ ശരിയാണ് നിനക്കിങ്ങനെ വിവരമുണ്ടല്ലോ ലിസി മോളെ അല്ല ലീന മോളെ ലിസി തന്നെ അങ്ങനാണെങ്കിൽ ഞാനും ഉണ്ട് മൂന്നാറിന് സ്ത്രീ സഹജമായ ഒരു സംശയം ഒരു യുവസുന്ദരി എന്റെ ഒപ്പം ഉള്ളത് കൊണ്ടല്ലേ ജിൻസി നീയും മൂന്നാറിലെ കൊടും കെട്ടിയെടുക്കുന്നത് എന്താ സംശയം ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെ തന്നെ ചെയ്യൂ ആ എനിക്കൊന്ന് ഫ്രഷ് ആവണം ഹൈറേഞ്ചിലേക്ക് ഒരുപാട് ദൂരം വണ്ടി ഓടിക്കാനുള്ളത് കുളിച്ചു റെഡിയാണ്ട് ലിസി മാഡത്തിന്റെ ഒരു മെസ്സേജ് എത്തിയല്ലോ എന്താണോ നോക്കട്ടെ ജോജോ മൂന്നാറിലേക്ക് വരണമെന്നില്ല അതിലെന്തോ ഒരു പന്തില്ലേ തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പര്യടനം ദാറ്റ് അടുത്ത മെസ്സേജ് മൂന്നാർ വരെ ഞാനും സിബിസാറും മാറി മാറി വണ്ടി ഓടിച്ചോളാം സിബിസാറോ എന്നാ ഇതൊന്ന് ചോദിച്ചിട്ട് എന്ന കാര്യം അത് ശെരിയാണ് ജോജോ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നൊന്ന് അറിയണമല്ലോ ഞാൻ എത്ര നാളായിട്ട് അവരുടെ വണ്ടി ഓടിക്കുന്നതാ എന്ന തന്നെ ഇങ്ങനെ ഒഴിവാക്കിയേക്കുന്നു ഞാൻ അവിടെ അത് വേണം എത്ര ആലോചിച്ചിട്ടും എനിക്കിത് പിടികിട്ടുന്നില്ല ആ ലീനെ എന്നാ വീട്ടിലോട്ട് നടന്നു ഞാൻ ഡ്രസ്സെല്ലാം എടുത്തുവെക്കട്ടെ ശരി ചേച്ചി ഹാപ്പി ജേണി താങ്ക് യു മൂന്നാറിൽ ഇപ്പോ ഭയങ്കര തണുപ്പാണ് നോ പ്രോബ്ലം സ്വെറ്ററും കമ്പിളി പുതപ്പും എല്ലാം എടുക്കുന്നുണ്ട് രാജേഷെ നീയും റാഫിയും വായനശാലയുടെ മുന്നിൽ നിന്നാ മതി ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് വരാം ചേച്ചിക്കല് സന്തോഷ ലിസി യാത്ര ക്യാൻസൽ ആക്കി ഇത് വലിയ ചതിയായി പോയല്ലോ ഇപ്പഴാണ് സമാധാനമായത് ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ജോജോ മോനിച്ചൻ സാറിനെ വിളിച്ച് വിവരങ്ങ പറഞ്ഞെന്നേ കാര്യ അറിഞ്ഞ ഉടനെ തന്നെ സീരിയലിലൊക്കെ അഭിനയിച്ച പക്ഷേ അതിന്റെ പേര് കണ്ടവരുടെ കൂടെ കറങ്ങിയടിക്കാൻ ഒരിടത്തും പോയേക്കരുതെന്നേ വിടെ കാണമെന്നും ബിജു കുട്ടൻ ഏറ്റിരുന്നതല്ലേ അത് ശരിയാണല്ലോ ഡയറക്ടറെ ലാൽ ബാലു ബിസിനസ് തിരക്കുള്ള ആളാണെന്നല്ലേ കോർഡിനേറ്റർ പറഞ്ഞത് അതായിരിക്കും ലേറ്റ് ആവുന്നത് ഓ ഈ നിർമ്മാതാവിന്ന് ഉച്ചക്ക് മുമ്പെങ്കിലും വന്നാൽ ഡിസ്കഷനും കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് റിട്ടേൺ അടിക്കാമായിരുന്നു ഏതായാലും ഓ നമ്മൾ ഇവിടെ എത്തുന്നതപ്പോ വണ്ടി ചോദിക്കാനായിരുന്നു എങ്കിലൻസ് ആ നേരം കൊണ്ട് നമുക്ക് സംവിധായകന്റെ കഥയൊന്നും വിശദമായി കേട്ടാലോ കറക്റ്റ് പ്രൊഡ്യൂസറോട് മച്ചാൻ എന്ന് പറയാൻ പോണ അതേ ടെമ്പോയി തന്നെ ആ വൺലൈൻ ഞങ്ങളെ കൊടുന്ന് കേൾപ്പിച്ചേ ശരി വൺലൈൻ പറയാൻ പോവാണ് ശ്രദ്ധിച്ച് കേട്ടോളം രണ്ടുപേരവിടെ ഇരി വാഴക്കുളം എന്ന ഒരു ഗ്രാമപഞ്ചായത്തിലെ ഷോർട്ട് ഫിലിം മേക്കർ ഷാജു അയാളുടെ ലവ്വറായ ടെലിവിഷൻ ആങ്കർ റിൻസി ഇവരുടെ റൊമാൻസിന് ഇടയിലേക്കുള്ള ഒരു പ്ലാന്റുടെ എൻട്രിയെ തുടർന്നുണ്ടോ ഇത് ഏത് നല്ലൊരു മൂഡിലായിട്ട് വരുമായിരുന്നു തന്നെ നോക്കിയാ മതി നിങ്ങളിരിക്കും ഞാൻ ചെല്ലാം എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്തുണ്ട് ഞാൻ അവനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ ഇതുവരെ വന്നപ്പോ നിങ്ങളുടെ പരിപാടിയൊക്കെ ഏതുവരെ തിരക്കേട്ട് പോവാനക്ക് പെട്ടെന്ന് ഒരു മുട്ടുവേദന ഇനി പോയി തണുപ്പത്തോട്ട് അവളെയും കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങളുടെ പരിപാടിയൊക്കെ എവിടം വരായി നമ്മുടെ പ്രൊഡ്യൂസർ ഇതുവരെ ചിന്നാറിലേക്ക് പോകാനെ എനിക്ക് ആ വണ്ടി ഒന്ന് വേണമായിരുന്നു അളിയനെ താക്കോലിഞ്ഞെടുത്ത് നമ്മുടെ കോർഡിനേറ്റർ ബിജു കുട്ടൻ കാറും എടുത്ത് എയർപോർട്ടിലേക്ക് പോയിരിക്കണല്ലോ നമ്മുടെ പ്രൊഡ്യൂസർ ലാൽ ബാലു സാറിനെ പിന്നെ ദയവായി പിന്നീട് വീണ്ടും ശ്രമിക്കുക ഓഹ് രക്ഷയില്ല നീ ആ ബിജു കുട്ടന്റെ സ്വിച്ച് ഓഫ് ആണല്ലോ നിങ്ങൾ എന്തൊരു പരിപാടിയായി കാണിക്കുന്നത് എടുത്തിട്ട് ഒരു കൊല്ലം പോലും തെയ്യാത്ത വണ്ടിയാത് വല്ലാവിടെയും കൊടുത്തുവിട്ടേക്കുക മീതിഷൻ ആവണെന്ന് എന്തിന് കാർ നാളെ തന്നെ നാട്ടിലെത്തിച്ചു വന്നാ പോരെ ഞാൻ എന്തായാലും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഏതായാലും വണ്ടി എത്തിയിട്ടേ ഞാൻ എന്നെ ജിന്നാറിലുള്ളൂ അതുവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം അതിനെന്താ ജോജോക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും മീറ്റ് ചെയ്യാലോ രാജേഷ് റാഫി നിങ്ങളൊന്ന് പുറത്തോട്ട് വന്നേ എടാ ജോജോ പറഞ്ഞത് ശരിയാ ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ കാറും കൊണ്ടാണ് അവൻ പോയേക്കുന്നത് അതൊക്കെ വണ്ടി കൊടുത്തയക്കുമ്പോ ഓർക്കേണ്ടതായിരുന്നു ഓ എൻറെ മൊന്നെ അതെ പിന്നൊരു കാര്യം എന്റെ തലക്കുള്ളിൽ ഇപ്പൊ മഞ്ഞിൽ നനഞ്ഞ കുറിഞ്ഞു മാത്രമേ ഉള്ളു എന്നറിയാലോ അതിന്റെ ഇടയിൽ ഈ വണ്ടിക്കാര്യം കൂടി എടുത്തിട്ട് അളിയൻ സംഭവം ചളമാക്കരുത് ഞാനും ഇപ്പോൾ ആ കുറിഞ്ഞിടെ ഞാൻ തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിക്കാം നമ്മുടെ ഹീറോ ഇൻകം ലൈൻ പ്രൊഡ്യൂസറുടെ ഒരു ഉത്കണ്ഠണ്ടില്ലേ ലൈൻ അല്ലേ ലൈനല്ല കോ കോ പ്രൊഡ്യൂസർ കോ ഓഹ് അലത്തിലല്ല ഒന്നു തന്നല്ലേ മച്ചാ അതുകൊണ്ട് അകത്തോട്ട് ലിസിയുടെ മെസ്സേജ് വന്നല്ലോ ഉടൻ തന്നെ മോണിച്ചനുമായി വീഡിയോ കോൾ നടത്തണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കാറിന്റെ അടുത്ത് നിന്നുകൊണ്ട് മാത്രമേ ഹസ്സുമായി സംസാരിക്കാൻ പാടുള്ളൂ ഈശോയെ പണി വാളി വണ്ടിയില്ലാതെ ഇത് ഞാനെങ്ങനെ ഡീൽ ചെയ്യും എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി ഡയറക്ടർ ഉടൻ നിന്നോണ്ടോ റൂമിൽ ചെന്ന് കിടന്നുണ്ടോ വിവരമായ ഞങ്ങൾ ആ നേരത്തിന് നമ്മുടെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ദിവസം മൂന്നു കഴിഞ്ഞിട്ടും മൂന്നാറി പോയവരെ പറ്റിയുള്ള വിവരമൊന്നുമില്ലല്ലോ ചേച്ചി ലീനെ എനിക്ക് തോന്നുന്നതേ ആ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും കൂടി വേറെ എവിടേക്കെങ്കിലും മുങ്ങിയിരിക്കുവാന്ന എങ്കിലാ വിവരം സിബിച്ചായനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ എനിക്കൊരു കോഴ് വരുന്നുണ്ടേ പരിചയമില്ലാത്ത നമ്പറാണല്ലോ ആരാ ഹലോ ഹലോ ഇതാരാണ് അയ്യോ എപ്പോ ചേച്ചി ആ രാജേഷിന്റെ ഭാര്യയായിരുന്നു എന്താ അയാള് റാഫി ഇപ്പോളെ മൂന്നാർ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് എന്റെ കർത്താവേ അപ്പൊ സിബിച്ചനോ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം സംഗതി ഡയറക്ടർ സിബിഎനും കൂടി ഉൾപ്പെട്ട സംഭവമായതുകൊണ്ട് സീൻ ഓർഡറിൽ തന്നെ വിശദമാക്കാം സീൻ ഒന്ന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സിബി വളവിലും സംഘവും ലിസി മോനിച്ചന്റെ കാറിൽ മൂന്നാറിന് പുറപ്പെടുന്നു സീൻ രണ്ട് അവിടെ എത്തിച്ചേർന്ന സംവിധായക അങ്ങനെ വരട്ടെ ലിസിക്ക് പകരം വൃന്ദ വെറുതെയാണോ പെണ്ണു കേസിൽ പോലീസ് ബുക്ക് ഞാനൊന്ന് കാത്തു നിന്നിരുന്ന ബിജുക്കൂട്ടം എല്ലാവരെയും അയാളുടെ മുറിയിലാക്കുന്നു അടുത്ത സീനിൽ ചിന്നാറിലുള്ള കൂട്ടുകാരനെ കാണാൻ പോകുന്ന വഴി അളിയനും കൂട്ടനും താമസിക്കുന്ന റിസോർട്ടിലേക്ക് ഞാൻ എത്തുന്നു കാറിന്റെ താക്കോൽ ആവശ്യപ്പെട്ട എന്നോട് പ്രൊഡ്യൂസറെ വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാന ഈ വണ്ടിയും കൊണ്ട് ആ കോർഡിനേറ്റർ പോയല്ലോ എന്ന് സിബിഎളീൻ ഉത്തരം നൽകുന്നു തോണ്ട വരുന്നു നിന്റെ പുന്നാര ആങ്ങള ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കാറും കൊണ്ട് ഇവിടുന്ന് വിലസി പോയതാ ഇപ്പം തോണ്ട ഓട്ടോയില് എവിടാ സഹമന്ത്രി പോയി ആ ഭൂലാവ തെരികട മൂന്നാറിൽ നിന്ന് മുങ്ങിക്കളഞ്ഞത് അത് നിന്റെയൊക്കെ കൺമുന്നിന്ന് എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ കയറി വന്നിരിക്കുന്നു നിന്നെ ഞാൻ വിടാ ഒന്നും രണ്ടും പറഞ്ഞ് കയ്യാങ്കിളിയായോ ഇങ്ങനെ പിടിക്കാതെ നീ കാര്യം എന്താണെന്നെങ്കിലും ഒന്ന് കേട്ടോ വെബ് സീരീസിന് സംവിധായകനാക്കാമെന്നും പറഞ്ഞ് ഈ നിക്കുന്ന നിങ്ങളുടെ കെട്ടിയവനെ ആ ചെറുപ്പുളശ്ശേരിക്കാരൻ പറ്റിക്കുവായിരുന്നു അതിന്റെ കൂടെ ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി അവൻ കൊണ്ടുപോയി ിയോ വണ്ടി പോയ സ്ഥിതിക്ക് ലിസി ഇതിനോടകം കേസ് കൊടുത്തിരിക്കും മിക്കവാറും അതവരെപ്പോഴേ ചെയ്തു കഴിഞ്ഞു അന്തർ സംസ്ഥാന വാഹനപോഷണ ഒരു പ്രധാന കണ്ണിയായിരുന്നു പുന്നാരാളിയുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ ആ ഫ്രോഡും ശിങ്കടികളും ഞങ്ങൾ താമസിച്ച റിസോർട്ടിലുണ്ടെന്ന് വിവരം ലഭിച്ചെത്തിയ പോലീസിന് കൈ നിരപരാധികളായ റാഫിയെ രാജേഷിനെ അല്ല ഒന്ന് ചോദിച്ചോട്ടെ പോലീസ് അവിടെ ചെന്ന സമയത്തെ സിപിച്ച റിസോർട്ടിൽ ഇല്ലായിരുന്നോ എന്റെ ഭാഗ്യത്തിന് ാണ് എനിക്ക് സൈറ്റ് സീയിങ്ങിന് പോകാൻ തോന്നിയതും വാഹനാപഹരണ കേസ് രജിസ്റ്റർ ആയ നിലയ്ക്ക് താങ്കൾക്ക് ഏതായാലും ഇനി കുറെ ഇൻഡോറിൽ കഴിയാം എന്ന് വെച്ചാൽ വണ്ട് നഷ്ടപ്പെട്ട വിവരം മോനജ സാർ അറിഞ്ഞതുകൊണ്ട് അയാൾ ഉടൻ തന്നെ ഇനി സ്ഥലത്തെത്തും നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം മനുഷ്യ അനുഭവിച്ചു ഒരു ട്വന്റി ഫൈവ് ലാക്സിന്റെ ചേഞ്ച് എടുക്കാനുണ്ടോ ഡയറക്ടർ സാറെ അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം എങ്കിലും നമുക്കത് ഇപ്പൊ തന്നെ മാഡത്തിന് കൊടുത്ത് കേസിൽ നിന്ന് ഉരുപോരാ ഹലോ ആ അപ്പച്ചാ ഉണ്ടല്ലോ ആ കൊടുക്കാം കൊടുക്കാം സിബിച്ചിന്ന് നിങ്ങളുടെ അപ്പനാ സുഖാണപ്പാ സുഖേ അപ്പച്ചൻ പിന്നെയും വിളിക്കുന്നു ഹലോ അപ്പച്ചാ ഒന്നും തോന്നരുത് കേട്ടോ സിബിച്ചൻ ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കുക ഏ ഉള്ളതാണോ ഞാനിപ്പ തന്നെ പറഞ്ഞേക്കാം സിബിച്ച കോളടിച്ചു അവിടുത്തെ എസ്റ്റേറ്റ് വിറ്റ വകയിലേ നമ്മുടെ ഷെയറായ അൻപത് ലക്ഷം രൂപ ഇന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും ഇപ്പോൾ തന്നെ കാണുക ചേച്ചി ആ ടി വി ഒന്ന് ഓണാക്കിയെ പെട്ടെന്ന് പെട്ടെന്ന് അതാ വെച്ചു ജോജോ ഇത് ഏതാണ്ട് അടി കൂടെ എഴുതി പോകുന്നുണ്ട് ഞാൻ വായിക്കാം മൂന്നാറിലെ ഒരു റിസോർട്ടിൽ നിന്നും അപകരിച്ചെടുത്ത കാറിൽ ഇയാൾ കർണാടകത്തിലേക്ക് കടക്കുന്ന വഴിയാണ് പോലീസ് പിടിയിലായത് അങ്ങോട്ട് നോക്കിയ ചോദിച്ചു ഇതാവൻ തന്നെ കൊള്ളന്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ സിബിച്ചനേതായാലും കേസും കോടതി ആയിട്ട് കേറി ഇറങ്ങണ്ടല്ലോ പ്രീസ്ത ലോഡ് തൊണ്ടി മുതൽ ഉൾപ്പെടെ അവൻ കസ്റ്റഡിയിലായത് കൊണ്ട് ലിസിക്കവരുടെ വണ്ടി ഉടഞ്ഞ തിരികെ കിട്ടും അളിയ എന്തായാലും ഭാഗ്യത്തിന് വണ്ടി തിരിച്ചു കിട്ടി അളിയൻ എന്നോട് ക്ഷമിക്കണം ഒന്നും മനസ്സിലത് സംസ്കാര ശൂന്യല്ല ഈ സിബിച്ചൻ നമ്പർ ട്വന്റിയിൽ പണ്ട് സോമേട്ടം പറഞ്ഞതുപോലെ നല്ല അസല് സിനിമാ സ്റ്റൈലില് ഇനി വേണ്ട കേട്ടോ ബാക്കി കളിയൊക്കെ ഞാൻ ഒറ്റ കളിച്ചോളാം അതെന്താന്ന് കളി കാണാൻ പോണ പൂരം ചെന്തംകുട്ടി അറിയിക്കണോ ജിൻസിക്കുട്ടി കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ ഒരു കാർ എടുക്കാൻ അങ്ങ് തീരുമാനിച്ചു എന്റെ പ്രിയപ്പെട്ട അളിയന് വേണമെങ്കിൽ ഇതിന്റെ സാരഥ്യം ഏറ്റെടുക്കാമത്തതാണ് അല്ല അപ്പോ മഞ്ഞൾ നനഞ്ഞ കുറഞ്ഞിയാ അതെങ്ങനെ വിടും അതല്ലേ എന്റെ ഡ്രീം പ്രോജക്ട് പിന്നല്ല അതിന്റെ പ്രൊഡക്ഷൻ നാളെ തന്നെ തുടങ്ങുമല്ലേ എന്റെ ചേച്ചി ഉടനെ അങ്ങ് നമ്മളെ രക്ഷപ്പെടുന്ന മട്ടില്ല ഇതെനിക്ക് തോന്നുന്നതേ അടുത്ത പണിക്ക് തുടക്കമായി മോളെ അത് തന്നെ ഞാൻ സംവിധായകനാണ് നാടകം സമാപിക്കുന്നു ൃണൻ മാടപ്പള്ളി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സിബി വളവിൽ മൃദുൽ ജേക്കബ് ജോജോ വിഷ്ണുശങ്കർ എ രാജേഷ് കുമാർ വി എസ് ഉണ്ണികൃഷ്ണൻ റാഫി ദിലീപ് എം കെ ജിൻസി ബിന്ദു വിനോദ് ലീന സെവിൽ ജിഹാൻ സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ സംവിധാന സഹായം സുഷമ അനിൽ വിജു കല്ലുവാതുക്കൽ